വാഹുസുബഹാനഹൂറ്റായാലഞ്ഞു ഓ നോഹ് തീർച്ചയായും അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല അവൻ സൽക്കർമ്മം ചെയ്യാത്തവനാണ് അതിനാൽ നിനക്ക് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് നീ എന്നോട് ചോദിക്കരുത് നീ അജ്ഞാനികളിൽ ഒരാളാകാതിരിക്കാൻ ഞാൻ നിനക്ക് ഉപദേശം നൽകുകയാണ്